ആത്മാവ് തന്നെയാണ് ബ്രഹ്മം അതെല്ലാവരും വളരെ സ്പഷ്ടമായി ദേഹ ഇന്ദ്രിയ മനസ്സ് ബുദ്ധി വിഷയങ്ങളിൽ നിന്നെല്ലാം നേരിട്ട അറിയുന്നുണ്ട് അറിയുന്നുണ്ടെങ്കിൽ ഇനി ബ്രഹ്മ ജിജ്ഞാസയുടെ ആവശ്യമില്ല ഇനി അറിയാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള വിചാരത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല ഇതാണ് പൂർവക്ഷി അപ്പൊ പൂർവക്ഷി അധ്യാസത്തെ സ്വീകരിക്കുന്നില്ല സിദ്ധാന്തി അധ്യാസത്തെ സ്വീകരിക്കുന്നു ഇപ്പൊ സിദ്ധാന്തി പറയും അത് ശരിയല്ല അഹമെന്നുള്ള അനുഭവമുണ്ട് പക്ഷേ അത് അധ്യാസം കൊണ്ടുണ്ടാകുന്ന അനുഭവമാണെന്ന് സിദ്ധാന്തി പറയും അല്ലാതെ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു അഹമനുഭവമല്ല മറിച്ച് എന്താണ് ദേഹത്തോട് ചൈതന്യം താതാത്മ്യപ്പെട്ടുണ്ടാകുന്ന ഒരു അനുഭവമാണ് അഹമനുഭവം ആത്മാവിന കൃത്യമായി ഇതിൽ നിന്നും വേർതിരിച്ച് അറിയുന്നു എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പൂർവക്ഷിയോട് ആര് പറയും സിദ്ധാന്തി അങ്ങനെ ഒന്ന് ഒരു മറുപടിയെ കണ്ടുകൊണ്ട് അടുത്ത തുടർന്ന് പൂർവക്ഷി പറയുകയാണ് അടുത്തു ഭാഗം അതാണ് നഹിജാതു കശ്ചിതത്ര സന്ദിഗ്ധേ അഹമ്മ നാഹമ്മേദി പറയുന്നു ഇത് ചാർവാകനോട് പറയുന്നു ആകാം സിദ്ധാന്തിയോട് തന്നെ ആണോ എന്നില്ല ചാറവാകൻ പറയുന്ന എന്താണ് ഈ അഹം എന്ന് പറയുന്ന ബോധം എന്ന് പറയുന്ന ശരീരത്തിനുള്ള ബോധമാണ് അല്ലാതെ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ബോധമാണ് എന്ന് ചാർവാകൻ പറയാം സിദ്ധാന്തിയാണെങ്കിൽ പറയും ഇത് താതാത്മ്യം കൊണ്ടുവരുന്ന ബോധമാണ് എന്തായാലും രണ്ടു പക്ഷത്തായാലും ശരി ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു അഹംബോധാനുഭവം ഇല്ല എന്ന് പറയും അതിന് പൂർഷ പൂർവിക്ക് എന്ത് വേണം ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു അഹംബോധാനുഭവം കൃത്യമായിട്ടുണ്ട് ആത്മാവിനെല്ലാവരും അറിയിക്കുന്നുണ്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒരു ജിജ്ഞാസയുടെ ആവശ്യം ഇല്ല അതിനുവേണ്ടി പറയുകയാണ് ജാതു ജാതു എന്ന് വെച്ചാൽ ഒരിക്കലും കശിത് ഒരാളും അത്ര സന്ദിഗ്ധേ ഇക്കാര്യത്തിൽ സംശയിക്കുന്നില്ല ഏത് കാര്യത്തിൽ അഹമ്മ നാഹമ്മേദി അഹംബ ഞാനുണ്ടോ നാഹമ്മ ഞാൻ ഇല്ലയോ എന്ന് ആരും സംശയിക്കാറില്ല ആർക്കിങ്ങനെ സംശയമുണ്ടോ എനിക്ക് അഹമെന്നുള്ള ഒരു അനുഭവമുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ അനുഭവത്തെ ആർക്കും സംശയമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണോ അസന്നിഗ്ധമായി യാതൊരു സംശയവും കൂടാതെ അഹവും എന്ന് പറയുന്ന അനുഭവം ഒരാൾക്കുള്ളതുകൊണ്ടാണ് അതിൽ സംശയമില്ലാത്തത് ഈ സംശയം എവിടെയാ വരുന്നത് ഒരു വസ്തുവിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തടത്താണ് സംശയം വരുന്നത് ചെറിയ ഇരുട്ടുള്ള സമയത്ത് ഒരു കുറ്റി കണ്ടു കുറ്റിയാണെന്ന് നിശ്ചയിച്ചില്ലെങ്കിൽ അയാൾക്ക് സംശയം വരരുത് കുറ്റിയാണോ മനുഷ്യനാണോ കുറ്റിയാണോ നിശ്ചയിച്ചാലോ സംശയം വരത്തില്ല അപ്പോ ഞാൻ ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഒരു സംവിധാർക്കും ഉണ്ടാകാറില്ല എൻ്റെ അർത്ഥം എന്താണ് അഹം എന്ന് പറയുന്ന ഈ അനുഭവം വളരെ അസന്തിഗ്ധമായ അനുഭവമാണ് ഇതാണ് ആത്മാവ് ഇത് തന്നെയാണ് ബ്രഹ്മം അസന്ദിഗ്ധമാണെങ്കിൽ പിന്നെ അവിടെ ജിജ്ഞാസയുടെ ആവശ്യമില്ല അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അങ്ങനെ ജാതു ഒരിക്കലും കച്ചിത് ഒരാളും അത്ര അഹമിൻ സന്ദിഗ്ധേ നസന്ദിഗ്ധേ സന്ദേഹിക്കുന്നില്ല ദിഗ്ധേ ദിഹ ഉപചയെ എന്ന് പറയുന്നത് ധാതു ദിഗ്ധേ ഏത് ഗണത്തിപ്പെട്ടാണ് അദാദി ഗണത്തിപ്പെടുന്നതാണ് ദിഹ ഉപചയെ ദീഹ് ആക്കി ഖാവരും അങ്ങനെയാണ് ധാതർ ധാതോർ ഘ ജക്ഷസ്തുർദ്ധൂത ജലാം ജസ്ജി ദിഗ്ധേ ദിഹാദേഹതേ സമ്പൂർത്തിയുന്ന സന്ദേഹം എന്നുള്ള അർത്ഥം വരെ ആരും സന്ദേഹിക്കുന്നില്ല എന്താണ് അഹംമാനാഹം വേദി ഞാനുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ആരും സന്ദേഹിക്കുന്നില്ല ഇനി വിപരിസ്യതി നഹമേവേദി ഇനി ആർക്കും ഭ്രമവും ഉണ്ടാവാറില്ല ഞാനില്ല ഇപ്പൊ ഉണ്ടെന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട് ആസ്യം ഒരാൾ അറിയേണ്ട ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഭ്രമമാവും അങ്ങനെ ആർക്കെങ്കിലും ഭ്രമം ഉണ്ടാകാറുണ്ടോ ഞാനില്ല എന്ന് കാരണം ഒന്നിനെ നേരെ വിപരീതമായി അറിയുന്നതാണ് ഭ്രമം ഞാനുണ്ട് എന്നുള്ളതിൻ്റെ ഭ്രമം അങ്ങനെ വരണം ഞാനില്ല അങ്ങനെ ഒരു ഭ്രമവും ആർക്കുമില്ല അപ്പൊ സന്ദേഹവും ഭ്രമവും ഇല്ലെങ്കിൽ പിന്നെ അവിടെ ശേഷിക്കുന്ന ജ്ഞാനം നിശ്ചയാത്മകമാണ് അതായത് ഈ ചെറിയ ഇരുട്ടുള്ള സമയത്ത് ഒരു കുറ്റിയെ കണ്ടിട്ട് ഒരാൾക്ക് ഭ്രമം ഉണ്ടാകുന്നതാണ് ഇത് മനുഷ്യനാണ് എന്തുകൊണ്ട് നിശ്ചയാത്മകമായ ജ്ഞാനം ഇല്ല കുറ്റിയാണെന്നുള്ള ജ്ഞാനം ഇല്ലാത്ത അല്ലെങ്കിൽ ഇത് മനുഷ്യനാണോ കുറ്റിയാണോ അപ്പൊ എവിടെയാണോ നിശ്ചയാത്മകമായ ജ്ഞാനം ഇല്ലാത്തത് അവിടെ സംശയവും വരാം ഭ്രമവും വരാം പക്ഷെ ഇവിടെയാണെങ്കിലോ ഇവിടെ നിശ്ചയാത്മകമായ ജ്ഞാനമാണ് അഹം സംശയവുമില്ല ഭ്രമവുമില്ല അത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ് അസന്തിഗ്ധമാണെങ്കിൽ അതിനെക്കുറിച്ച് എന്നെ ജിജ്ഞാസയുടെ ആവശ്യം അല്ലെങ്കിലൊക്കെ പൂർവക്ഷം പറയുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം നേരത്തെ പൂർവക്ഷി വന്ന പൂർവക്ഷി ഇവിടെ വരികളിൽ പറഞ്ഞില്ല നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടായിരിക്കും പറയുന്നതാണ് ഇപ്പൊ പൂർവക്ഷി നേരിട്ട് രംഗത്ത് വരികയാണ് അടുത്തു വരുന്ന പൂർവക്ഷമാണ് എന്ന് വെച്ചാൽ പൂർവോക്ഷം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അധ്യാസത്തിൻ്റെ പൂർവക്ഷമാണ് ഇതുവരെ പറഞ്ഞത് ഇനി അതിൻ്റെ ഒരു പൂർവക്ഷം വരികയാണ് പ്പോഴിങ്ങനെ പോകും ഒരു പൂർവപക്ഷം അതിൻ്റെ പൂർവപക്ഷം ബ്രഹ്മസൂത്രം മൂലത്തിൽ വന്ന എന്താണ് അധ്യാസത്തിൻ്റെ പൂർവക്ഷം ഇതുവരെ പറഞ്ഞ എന്താണ് അധ്യാസത്തിൻ്റെ പൂർവക്ഷം ഇപ്പൊ അതിനും പൂർവക്ഷം വരികയാണ് ആ പൂർവക്ഷ സിദ്ധാന്തിയുടെ ഭാഗത്തു നിന്നായിരിക്കും പക്ഷെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കണമെന്നില്ല സിദ്ധാന്തിയുടെ അടുപ്പമുള്ളവരുമാകാം പൂർണ്ണമായി സിദ്ധാന്തത്തെ അംഗീകരിക്കണ അംഗീകരിക്കണമെന്നില്ല പക്ഷേ അധ്യാസത്തെ എതിർത്താൽ അതിനെ എതിർക്കുന്ന ആളായിരിക്കും ചോദിക്കുന്നു എന്നുവെച്ചാൽ അഹം കൃഷ സ്ഥൂലോ വെച്ചാമി ഇത്യാദി ദേഹധർമ്മ സാമാനാധികരണ്യ ദർശന ദേഹാലംബനവായ മഹങ്കാരീതി സാമ്പ്രതം ഇന്ന സാമ്പ്രതം ശരിയല്ല ഇവിടെ എന്താ പറയുന്നത് ഞാൻ തടിച്ചവനാണ് ഞാൻ മെലിഞ്ഞവനാണ് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടല്ലോ നേരത്തെ ഇവിടെ അധ്യാസത്തെ എതിർക്കുന്നതാണ് പറഞ്ഞത് ശരീരം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി വിഷയങ്ങളിൽ നിന്ന് വേറിട്ട് ഞാനെന്നറിയുന്നു പറയുന്നു അതങ്ങനെ പറയാൻ പറ്റും ഞാൻ തടിച്ചവനാണ് ഞാൻ മെലിഞ്ഞവനാണെന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് വേറിട്ടാണോ ഞാനെന്നുള്ള അനുഭവം പിന്നെ എവിടെ വന്നു ശരീരത്തിൽ വന്നു ഈ ശരീരത്തിൽ വന്നു എന്ന് പറയുന്നത് ഒന്നുകിൽ അദ്വൈതിക്ക് പറയാം അങ്ങനെ അദ്വൈതി പറയുകയാണെങ്കിൽ ശരീരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ചൈതന്യ താതാത്മ്യം വന്ന ശരീരത്തിലാണ് ഈ അഹം അനുഭവം ചൈതന്യത്തിൻ്റെ താതാത്മ്യം എവിടെ വന്നു അവിടെ എന്നോ അദ്വൈതിയുടെ പക്ഷത്തു നിന്ന് ഇത് പറയാം അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത് ശരീരത്തെ എടുക്കുക ആ ശരീരത്തിൽ തന്നെ എന്തനുഭവം വന്നു ഞാനെന്നുള്ള അനുഭവം എന്ന് പറയാം അതേ ശരീരത്തിൽ തന്നെ എന്ത് വന്നു സ്ഥൂലത്വം കൃഷത്വം ഇങ്ങനെയുള്ള അനുഭവം ശരീരത്തിൽ വന്നു അപ്പൊ ശരീരത്തെ എടുക്കുക ശരീരത്തിൽ എന്താണ് അഹന്ത വന്നു അഹം എന്നുള്ള അനുഭവം എന്ന് വെച്ചാൽ ശരീരത്തിൽ അഹന്ത വന്നു ശരീരത്തിൽ തന്നെ സ്ഥൂലത്വം വന്നു ഇപ്പൊ ശരീരത്തിൽ അഹന്തയും സ്ഥൂലത്തും ഇരിക്കുന്ന രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണോ എന്നാണ് തർക്കം പിടിച്ചത് സാമാനാധികരണ്യം എന്തുകൊണ്ട് ശരീരത്തിൽ അഹന്ത വന്നു ശരീരത്തിൽ സ്ഥൂലത്വം വന്നു രണ്ടിന്റെ അധികരണം ഉണ്ടായി ശരീരം ഒരു അധികരണത്തിലിരിക്കുന്ന പലതിന്റെ പരസ്പര സംബന്ധം എന്തായിരിക്കും സാമാനാധികരണ്യ സംബന്ധം എന്ന് അദ്വൈനിക്ക് പറയാം നിങ്ങളീ പറയുന്നത് ശരീരത്തിൽ നിന്നും വേറിട്ടവര് അഹമനുഭവത്തെക്കുറിച്ചല്ല മറിച്ച് ശരീര ചൈതന്യം ശരീരവുമായി ശരീരത്തിൽ എന്ത് വന്നു അഹന്ത വന്നു അതേ ശരീരത്തിൽ എന്തിരിക്കുന്നു സ്ഥൂലത്വം അപ്പൊ ഈ രണ്ടും തമ്മിൽ സാമാനാധികരണ്യ ബന്ധം വന്നതുകൊണ്ട് ഒരേ ശരീരത്തിൽ തന്നെ അഹന്തയുടെ അനുഭവം അതേ ശരീരത്തിൽ തന്നെ സ്ഥൂലത്വം അനുഭവമുണ്ട് അപ്പൊ ഇവിടെ അധ്യാസം വന്നു എന്നാ ഒന്നുമില്ലേ വന്നു അധ്യാസം വരുമ്പോഴാണ് ശരീരത്തിൽ അഹന്തയുടെ അനുഭവം ഉണ്ടാവുന്നത് ഇനി ഇത് അദ്വൈതിയുടെ പക്ഷത്തൊക്കെ നോക്കണം ഇനി ചാർവാകനും ഇതേ അഭിപ്രായം പറയാം ചാർവാകൻ പറയുന്ന എന്താണ് ഈ അഹം എന്ന് പറയുന്ന അനുഭവം ശരീരത്തിൽ ഉള്ള അനുഭവമാണ് അല്ല ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവ് ആത്മാവിന്റെ താതാത്മ്യ ശരീരത്തിൽ വരുന്നു അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അതാണ് ചാർവാകന്റെ അഭിപ്രായം ബൃഹസ്പതിയുടെ ശിഷ്യന്മാർ അവരെന്താ പറയുന്നത് ീ ശരീരത്തിൻ്റെ ശരീരത്തിലവർ നാല് ഭൂതങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ പൃഥിവി അപ്പ് തേജസ് വായു ഈ നാല് ഭാ ഭൂതങ്ങൾ കൂടിച്ചേരുമ്പോൾ ശരീരത്തിൽ ചൈതന്യം ഉണ്ടാവും എന്ന് വെച്ചാൽ ബോധം അറിവ് ശരീരത്തിൽ ഉണ്ടാവുന്നു അവരോട് അതങ്ങനെ സംഭവിക്കും കാരണം ശരീരങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ ധർമ്മമാണ് പഞ്ചഭൂതങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന് മൂർത്തമായ നിറമുണ്ട് അതിന് ആകൃതിയുണ്ട് പലതുകൊണ്ട് ക്രിയയുണ്ട് ഇങ്ങനെ പലതുമുണ്ട് അതിനകത്ത് അപ്പോൾ ആ ഭൂതത്തിൽ കൂടി ചേർന്ന അതിൽ നിന്ന് ഭൗതികമായ ധർമ്മമേ ഉണ്ടാവും ഭൂതുവുമായിട്ട് ബന്ധപ്പെട്ട ധർമ്മമേ ഉണ്ടാവും പക്ഷേ ചൈതന്യം എന്ന് പറയുന്നതിൽ ഒരു ഭൗതിക ധർമ്മവും കാണുന്നില്ല ഇത് ഇപ്പോൾ ഭൂതങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഭൂതങ്ങളെല്ലാത്തിനും വിഷയ വിഷയമാണ് അത് വിഷയിയായിരിക്കുന്ന ഒന്നാണ് അറിവാണത് ഈ ജഡമായിരിക്കുന്ന ഈ നാല് ഭൂതങ്ങളിൽ നിന്ന് എങ്ങനെ ചൈതന്യം ഉണ്ടാവും എന്നാണ് അവരോട് ചോദിക്കും എന്തുകൊണ്ട് ചൈതന്യം എന്ന് പറയുന്നത് ജഡവവിലക്ഷണമാണ് വിലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ വിരുദ്ധ സ്വഭാവമാണ് ഈ ഒരു ജടത്തിലും ഈ പറയുന്ന ചൈതന്യമില്ല ഉണ്ടോ ഭൂമിയെടുത്ത് പോകും അതിലറിവുണ്ടോ അപ്പ് തേജസ് വായു ഓരോ ഭൂതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭൂതത്തിലും എന്തില്ല അറിവില്ല ഒരു ഭൂതത്തിലുമില്ലാത്ത അറിവ് നാല് ഭൂതങ്ങൾ കൂടി ചേരുമ്പോൾ എങ്ങനെ ഉണ്ടാകും അതെവിടുന്നു നാല് ഭൂതങ്ങൾ കൂടി ചേർന്ന് അറിവ് ഉണ്ടാകില്ല എന്നാണ് ആര് പറയുന്നത് ചാറുവാകൻ ഇവരെന്താ കേട്ടുണ്ട് ആരാ പറയുന്നു ചാറുവാകനെ എതിർക്കുന്ന എല്ലാരും പറയുന്നു അദ്വൈതമായാലും ശരി തർക്കികന്മാരായാലും ശരി സാങ്ക്യന്മാരായാലും ശരി മീമാംസവരായാലും ശരി എല്ലാവരും പറയുന്ന എന്താണ് ഈ നാല് ഭൂതങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടാവത്തില്ല എന്തുകൊണ്ട് ഈ ഒരു ഭൂതത്തിലും ചൈതന്യമില്ല ഇല്ലാത്ത ഒന്ന് ഈ നാലെണ്ണം കൂടിച്ചേരുമ്പോ അങ്ങനെ ഉണ്ടാവും ഈ നാല് ഭൂതങ്ങൾ കൂടിച്ചേരുമ്പോ അതിൻ്റെ രൂപമോ അതിൻ്റെ പരിണാമമോ അതിന് നിറമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ഒരു വസ്തു ഉണ്ടാകാം അത് സംഭവിക്കാം പക്ഷേ നാലിലും ഇല്ലാത്ത ഒരു വസ്തു അങ്ങനെ ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നവര് ചാറഭാക സിദ്ധാന്തത്തെ ഇറക്കുന്നത് ചാറവാകനാണ് പറയുന്നത് എന്താണ് ഈ ചൈതന്യം എന്ന് പറയുന്നത് ഈ നാല് ഭൂതങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് ഉണ്ടായതാണ് അതുകൊണ്ട് ഈ ചൈതന്യ അനുഭവം ശരീരത്തിലാണ് അനുഭവപ്പെടുന്നത് അഹമൊന്ന് അല്ല ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവ് ഇല്ല ഇനി ചാർവാകൻ പറയുന്ന മറുപടി എന്താണ് ചർവാകൻ പറയുന്നത് ഈ നാല് ഭൂതങ്ങളിലും ഇല്ലാത്ത ഒരു സാധനം നാല് ഭൂതങ്ങളും കൂടി ചേരുമ്പോൾ ഉണ്ടാകാം അതിനാവരും ഉദാഹരണം പറയാണ് വെറ്റില ചുണ്ണാമ്പ് പാക്ക് ഉമിനീര് നാലെണ്ണം ഉണ്ടാവും നാലും കൂടെ ചേരുന്ന എന്തുണ്ടാവും ചുവന്നേറും ഉണ്ടാവും ഇതിലെ നാലിലേതാ ചുവപ്പ് വെറ്റില്ല പച്ചയല്ലേ ചുണ്ണാമ്പ് വെളുപ്പല്ലേ പിന്നെ പാക്ക് അടയ്ക്ക് പല കളറിലും വരും വെളുത്തിരിക്കും കറുത്തിരിക്കും പിന്നെ ഉമിനീരിന് ചുവപ്പാണോ ഇത് കടഞ്ചോപ്പല്ലേ വരുന്നു അപ്പൊ നാല് ഭൂ വസ്തുക്കളില്ലാത്ത ഒരു പുതിയ സാധനം വരാമെങ്കിൽ നാല് ഭൂതങ്ങളും കൂടി ചേർന്നിട്ട് ചൈതന്യം ഉണ്ടാവാം അവർ പറയാം അത് ഈ നാല് ഭൂതങ്ങളിൽ നിന്നുണ്ടായത് ചുവപ്പെന്ന് പറയുന്നത് അതീ ഭൂതങ്ങളിലുള്ളത് തന്നെ ചുവപ്പ് പൃഥിവിക്ക് ചുവപ്പുണ്ട് അല്ലേ ഈ ഉള്ളൂ അപ്പോൾ രാവണി ചോദിക്കുന്ന അങ്ങനെയാണെങ്കിൽ പട്ട കരിപ്പട്ടി വെള്ളം ബാറ്ററി ഇത്തരം കൂടിയിട്ട് വാറ്റി വാറ്റിക്കഴിഞ്ഞാൽ ഒന്നുണ്ടാവും എന്തുണ്ടാവും ഇതെല്ലാം കൂടിയിട്ട് വാറ്റിക്കഴിഞ്ഞാൽ ഒന്നുണ്ടാവും ലഹരി ഉണ്ടാവും ലഹരി ഈ ലഹരി എന്ന് പറയുന്നതിൽ ഏതിനുണ്ട് ഇതിലൊന്നിനുമില്ല ഈ പറയുന്ന ഒരു സാധനത്തിലും പട്ടയടുത്തിട്ട് ചവ ചവച്ച ആർക്കെങ്കിലും ലഹരി ഉണ്ടാവും പിന്നെ ഗോതമ്പാണ് ഉപയോഗിച്ച് വാറ്റുന്നതെങ്കിൽ ഗോതമ്പ് വായിട്ട് ചവച്ചാൽ ലഹരി ഉണ്ടാവും ബാറ്ററി പോട്ടെ വെള്ളം വായി ഒഴിച്ചാൽ ലഹരി ഉണ്ടാവും പിന്നെ അതിന് എന്തൊക്കെ വേണമെങ്കിലും ചേർക്കാം മുന്തിരിങ്ങ ചേർക്കും ആൾക്കാർ ആപ്പിൾ ചേർക്കും ഓറഞ്ച് ചേർക്കും ഇതിലേതെങ്കിലും ഇവിടെ തീർന്നു ഉണ്ടാവും അപ്പൊ ഇതിലൊന്നിലും ഇല്ലാത്ത ലഹരി വാറ്റി കഴിയുമ്പം ലഹരി എങ്ങനെയുണ്ടായി ഇതിലില്ലാത്ത ഒരു ഗുണമല്ലേ ഉണ്ടാവുന്നു കഴിക്കുന്നവർ ലഹരി ഉണ്ടാവുന്നു അതുപോലെ ഈ നാല് ഭൂതങ്ങൾ കൂടി ചേർന്നപ്പോ ഉണ്ടായതാണ് എന്ത് ഈ ചൈതന്യം എന്ന് പറയുന്നു അതുകൊണ്ട് ഈ നാല് ഭൂതങ്ങളൊരു പ്രത്യേക രീതി കൂടി ചേരുമ്പം ചൈതന്യം ഉണ്ടാകുന്നു ഇതിനൊരു വിഘടനം സംഭവിക്കും ഏതെങ്കിലും തരത്തിൽ ചൈതന്യം നഷ്ടപ്പെടും ഇതിനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് മരിച്ചു പോകുന്നത് എപ്പോഴാണോ ഈ നാല് നമ്മുടെ ഈ ശരീരത്തിലെ നാല് ഭൂതങ്ങൾക്ക് ഒരു അസന്തുതില്ലാത്ത അവസ്ഥ വരുന്ന അപ്പോൾ എന്ത് ചെയ്യും പേടിച്ചു പേടിച്ചു പോകുമ്പം പിന്നെ ചൈതന്യം അന്ന് അവരുടെ അറിവിനുസരിച്ച് ഇത് പറഞ്ഞതാണ് എങ്ങനെ ആ അന്നത്തെ അവരുടെ ഒരു അറിവ് അവരുടെ ഒരു അറിവ് വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാണ് അപ്പോ പക്ഷേ ഇതൊന്നും തർക്ക വിഷയമാണ് ഇന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകളിൽ വലിയൊരു ശതമാനം പറയുന്നത് ബ്രെയിനിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ചൈതന്യം അറിവുണ്ടാകുന്നത് ഇവർ പറയുന്നത് പോലെ ഇവർക്ക് ബ്രെയിനിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷേ നമ്മുടെ ബ്രെയിനിനുള്ള എന്താണ് രാസപ്രവർത്തനങ്ങളും അവിടെയുള്ള നവറൂസുകളുടെ പ്രവർത്തനങ്ങളും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത് അറിവ് ബോധം ഉണ്ടാവുന്നത് പക്ഷേ സർവസമ്മതമായി അത് അംഗീകരിക്കുന്നില്ല കാരണം അതെങ്ങനെ ഉണ്ടാവുന്നു എന്നറിയത്തില്ല അങ്ങനെ പറയുന്നവർക്കും അത് ശരിക്കും വിശദീകരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നെർവിന്റെ നെർവസുകളുടെ പ്രവർത്തനം കൊണ്ട് ഈ നമ്മുടെ ബ്രെയിനിൽ നിന്നും വ്യത്യസ്തമായ ഈ ബോധം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നു എന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ ആർക്കും കഴിയില്ല ശാസ്ത്രം അത്രയും വളർന്നിട്ടില്ല പല പല പല പല സിദ്ധാന്തങ്ങളുണ്ട് പക്ഷേ എന്തോ ബ്രെയിനിൽ നടക്കുമ്പോൾ ഇതുണ്ടാവുകയാണ് എന്ന് പറയുന്നു ബോധം ഉണ്ടാകുന്നു അപ്പോ അത് എന്താണ് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് എങ്ങനെയാണ് ഈ ബ്രെയിനിൽ ഈ പ്രവർത്തനം നടക്കുമ്പോൾ ബോധം ഉണ്ടാകുന്നു എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇതുവരെ കഴിയാത്തതുകൊണ്ട് വേറെ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് അത് ഇവരെന്താ പറയുന്നത് കൃത്യമായി അങ്ങനെ സർവസമ്മതമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഭാവിയിൽ അത് വിശദീകരിക്കുമെന്നാണ് മനസ്സിലായി ഒരു ഇരുപത് വർഷം മുമ്പ് രണ്ട് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ച് അപ്പോൾ ഒരാൾ പറഞ്ഞത് ബ്രെയിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ബോധമുണ്ടാകുന്നതെന്ന് ഇരുപത് വർഷം ഇരുപത് വർഷത്തിനകം തെളിയിക്കുമെന്ന് പറഞ്ഞു മറ്റയാൾ പറഞ്ഞ് അത് തെളിയിക്കാൻ പറ്റില്ല എന്ന് രണ്ടുപേരും തമ്മിൽ തർക്കം വെച്ച് അപ്പോ അവർ വെച്ച തർക്കം ബെറ്റ് വെച്ച് ബെറ്റെന്ന് പറയുന്നത് എന്താണ് ഒരു ബോട്ടൽ മദ്യമാണ് ബെറ്റ് വെച്ച അവിടേക്കുള്ള ഒരു ബെറ്റ് വയ്ക്കുന്ന ഇതൊക്കെയാണ് ഒരു ബോട്ടൽ ബെറ്റ് മദ്യം വെച്ച് അത് ഈ വർഷമാണ് ഇരുപതാമത്തെ വർഷം ഈ വർഷം അത് വീണ്ടും ന്യൂസായി ഇതുവരെ തെളിയിക്കാൻ പറ്റിയില്ല അപ്പൊ മറ്റേ ആൾ പറഞ്ഞു എനിക്ക് മറ്റേ ബോട്ടിൽ തരണമെന്ന് പറഞ്ഞു അതിന് എന്താ എന്ന് കൊടുത്തോ കൊടുത്തില്ല എന്നറിയില്ല ഇത്രയും ഞാൻ വായിച്ചു ഞാൻ എൻ്റെ പുറകെ പക്ഷേ കാരണം ഇതുവരെയും തെളിയിച്ചിട്ടില്ല ഇതുവരെ അത് കൊടുത്തേ പറ്റൂ പക്ഷേ ഈ പരാജയപ്പെട്ട ആളുണ്ടല്ലോ തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ അൾ പറഞ്ഞു എന്തായാലും ശരി ബ്രെയിനിനെയും ബോധത്തെയും സംബന്ധിച്ചുള്ള അറിവ് ഇരുപത് വർഷം കൊണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് പണ്ട് ഞങ്ങൾ ബെറ്റിവെച്ച സമയത്തെ അറിവല്ല ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം പല പല പല ഒരു വളരെ പ്രസിദ്ധമായ ഒരു പെൻട്രോസ് ആൻഡ്രോഫ് തിയറിയൊക്കെ വന്നു ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തല്ല അഞ്ചാറ് പഠനങ്ങളൊക്കെ വന്നു അങ്ങനെ പല പല തിയറികളും വന്നു ബ്രെയിനിലെന്തോ നടന്നിട്ടാണ് ഇത് സംഭവിക്കുന്ന ഇനി ബ്രെയിനിലെന്തോ നടന്നിട്ടാണ് ബോധം വരുന്നതെന്ന് അംഗീകരിക്കുന്നവരും പറയുന്നത് അങ്ങനെ ബ്രെയിനിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ബോധം വരികയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ബോധം ഉണ്ടായിരുന്നു നേരത്തെ അത് ഈ പ്രവർത്തനം കൊണ്ട് പ്രകടമാകുകയാണ് എന്നാ പറയും ബോധം നേരത്തെ തന്നെ സർവാധാരമായിട്ട് ബോധമുണ്ട് ബ്രെയിനിലെന്തോ പ്രവർത്തനം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ബോധം പ്രകടമാകുന്നു എന്നാണ് ഇപ്പൊ വിറകയിൽ നമ്മൾ ഉരച്ചു കഴിഞ്ഞാൽ എന്ത് വരും തീ പ്രകടമാകുന്നു അതിൻ്റെ അർത്ഥം എന്താണ് വിറക് തീ ഉണ്ടാക്കുന്നു എന്നാണ് അതിൻ്റെ തീയുള്ളത് തന്നെയാണ് തീ വിറകിലുള്ളത് തന്നെ അതുപോലെ ബ്രെയിനിൻ്റെ പിന്നിൽ ബോധമുണ്ട് അത് ഉണ്ടാകുന്നു എന്നാണ് ഒരു ഭാഗം പറയുന്നത് നിങ്ങളിത് അങ്ങനെ കണ്ടുപിടിച്ചാൽ ശരി സർവാധാരമായിട്ടെന്തുണ്ട് ബോധമുണ്ട് അത് ബ്രെയിനിൽ കൂടെ പ്രകടമാണ് ഇതൊരു വിഭാഗമാണ് മറ്റൊരു വിഭാഗം അങ് അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാരുന്ന് രണ്ട് തട്ടിലാണ് എന്തായാലും ഇവരൊക്കെ പറയുന്ന എന്താണ് ചാർവാകൻ പറഞ്ഞ അതേ തത്വമാണ് ബ്രെയിനിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്ന അവർ പറയുന്ന എന്താണ് അവർ പറയുന്നത് പല പല വാദങ്ങളുണ്ട് അതിലൊന്നാണ് എമർജിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എമർജിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ് വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത് വാതകമാണ് അപ്പൊ ഇതിൻ്റെ മോളിക്കൂളുകൾ കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും ജലം അപ്പൊ ജലത്വം എന്ന് പറയുന്ന അതിൽ രണ്ടിലും ഉണ്ട ഇല്ല അപ്പൊ ഇത് കൂടി ചേർന്നപ്പോൾ എന്തുണ്ടായി അതിൽ രണ്ടിലും ഇല്ലാത്ത ജലത്വം ഉണ്ടായി അപ്പൊ രണ്ട് ബസ്സുകൾ കൂടി ചേരുമ്പോൾ അതിൽ പ്രകടമാകാത്ത പുതിയ കാര്യങ്ങൾ പ്രകടമാകും അതിനാണ് എമർജിംഗ് പ്രോപ്പർട്ടി എന്ന് പറയും ഇങ്ങനെ പലതും പ്രകടമാകുന്നുണ്ട് ാണ് അതുകൊണ്ട് അങ്ങനെ വേറെയും പല വാദങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെയും സംഭവിക്കാം ഇക്കാര്യത്തിലാണ് ഇന്നുവരെ സയൻസിനൊരു തീരുമാനത്തിലെത്താൻ കഴിയാത്തത് എത്താൻ കഴിയാത്തടത്തോളം കാലം നമ്മുടെ സിദ്ധാന്തത്തിന് നമുക്ക് ഉറച്ചേക്കാം എന്താണ് ഇതിന്റെ പിന്നിലെ ഒരു ബോധം ഉണ്ട് അല്ലെങ്കിൽ തെളിയിക്കട്ടെ അപ്പൊ നമ്മളാരും കാണത്തില്ലല്ലോ പിന്നെന്താ നമ്മളില്ലല്ലോ അന്നുള്ളൊരു സമാനം പറഞ്ഞോട്ട് നമുക്ക് തൽക്കാല സമാധാനത്തിന് എന്താണ് ഇത് മതി അങ്ങനെ മതി നീ ചാർഭാഗൻ പണ്ടത് പറഞ്ഞപ്പോ ചറവാകം പണ്ട് പറഞ്ഞപ്പോൾ ചാറാവാകനോട് ചാറവാകം പറഞ്ഞ എന്താണ് ഈ നാല് ഭൂതങ്ങളും കൂട്ടി യോജിപ്പിക്കുമ്പോൾ കൂടി ചേരുമ്പോൾ ചൈതന്യം ഉണ്ടാകുന്നു എന്നാണ് അപ്പോൾ ചാറുവാകനോട് ചോദിച്ചത് ഈ നാല് ചേതങ്ങളെ ആര് കൂട്ടിച്ചേർത്തു ചൈതന്യം ഉണ്ടാകണമെങ്കിൽ കൂടിച്ചേരണ്ടേ അപ്പം അതിൻ്റെ പിന്നെ കൂട്ടിച്ചേർക്കാൻ ആരോ വേണ്ടേ ആ കൂട്ടിച്ചേർത്ത ആരാണ് ബോധം ചൈതന്യം ഈശ്വരനെന്നോ ബ്രഹ്മമെന്നോ പറയാം അത് കൂട്ടിച്ചേർത്തപ്പോഴാണ് എന്താണോ ബോധം ഉണ്ടായത് അപ്പൊ വീണ്ടും ഇവിടെ പോയി ബോധത്തിൽ തന്നെ പോയി ഈശ്വരൻ തന്നെ പോയി അതാണ് പണ്ട് പറഞ്ഞത് അപ്പോ അതിൽ നിന്ന് മറുപടി പറയുന്ന ആരാണ് പരിണാമവാദികൾ പരിണാമവാദികൾ പറയുന്നത് എന്താണ് പ്രഞ്ച ഉൽപ്പത്തി പതിമൂന്ന് പോയിന്റ് എട്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രപഞ്ചത്തിൻ്റെ വികാസം ആരംഭിച്ചു ഈ പ്രപഞ്ചത്തിൻ്റെ വികാസം എന്ന് പറയുന്നത് ശരിക്കും ഭൗതികമാണ് അതെങ്ങനെ ആരംഭിച്ചു എന്നുള്ളതിനൊന്നും കൃത്യമായി മറുപടി പറയാൻ പറ്റില്ല എന്തായാലും ആ വികാസം ആരംഭിച്ചു വികാസം ആരംഭിച്ചപ്പോൾ എന്താണ് മൂലകങ്ങളുണ്ടായി ഗാലക്സികളുണ്ടായി അതിന് സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയും സയൻസിൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായൊന്നും വിശദീകരിക്കാൻ പറ്റുന്നില്ല ഫിസിക്സിന് കുറെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും അത് അതിനാണ് പരിണാമം എന്ന് പറയും അപ്പോ ഭൗതിക പരിണാമം സംഭവിച്ചു സംഭവിച്ചു വന്ന് എന്ത് ഇന്നത്തെ ജലത്തിന്റെ ഒരു പൂർവ രൂപം ഇന്നത്തെ ഈ ജലത്തിൻ്റെ ഇതെല്ലാം പരിണാമം കൊണ്ട് സംഭവിച്ചാണ് എങ്ങനെ കോടിക്കണക്കിനും വർഷങ്ങളുടെ പരിണാമം കൊണ്ട് ആ ജലത്തിൻ്റെ പൂർവരൂപം ഉണ്ടായപ്പോ അവിടെ എന്ത് ജീവനല്ല ഉണ്ടാകുന്നത് ജീവന്റെ വളരെ പ്രാചീനമായ ചില മൂലകങ്ങളുണ്ടായി അമിനോ ആസിഡുകളും മറ്റും അതൊക്കെയാണ് ജീവന്റെ അടിസ്ഥാനമായിരിക്കുന്നത് അതുണ്ടായി ഈ അമിനോ ആസിഡുകളും മറ്റും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ക്രമേണ എന്ത് ചെയ്തു അവയിൽ വീണ്ടും പരിണാമം സംഭവിച്ച് പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് പരിണാമം എന്തുകൊണ്ട് സംഭവിക്കുന്ന ഊർജം ഊർജത്തിൻ്റെ വികാസമാണ് സംഭവിക്കുന്നു അപ്പൊ ഊർജം കൊണ്ട് പരിണാമം സംഭവിക്കുകയാണ് ആ പരിണാമം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു ജീവിതത്തിൻ്റെ ഏറ്റവും എന്താണ് പ്രാചീനമായ ചില മൂലകങ്ങളുണ്ടായി മൂലങ്ങളാണ് ആദ്യം ഉണ്ടാവുന്നത് അങ്ങനെ കാർബൺ പോലെയുള്ള ചില മൂലകങ്ങളുണ്ടായി പിന്നെ അതിൽ നിന്ന് അമിനോ ആസിഡുകൾ ഉണ്ടായി അതിൻ്റെ ജീവൻ്റെ തന്നെ എന്ത് ചെയ്തു പിന്നീട് രൂപപ്പെട്ടു ഏകകോശ ജീവികളുണ്ടായി ഈ രൂപത്തിൽ പരിണാമം കൊണ്ട് സംഭവിച്ചു എന്നാണ് എന്ന് വെച്ചാൽ ഊർജ പരിണാമം കൊണ്ടാണ് സംഭവിച്ചതെന്നാണ് ആര് പറയുന്നത് പരിണാമവാദികൾ അപ്പോ ഈ ഊർജ പരിണാമം കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഭൗതികശാസ്ത്രത്തിന് വിശദീകരിക്കാമയാത്ത പല പല കാര്യങ്ങളുണ്ട് അവർക്ക് അത് വിശദീകരിക്കാൻ പറ്റിയില്ല അങ്ങനെ വിശദീകരിക്കാൻ വരുന്ന പല ഭാഗങ്ങളും വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം വിശദീകരിക്കാൻ പറ്റില്ല സിംഗുലാരിറ്റി എന്നാണ് പറയുന്നത് തുടക്കം എന്ന് വെച്ചാൽ അത് വിശദീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പിന്നീട് വരുന്നിടത്തും പല കാര്യങ്ങളും ഇപ്പൊ ജീവന്റെ ഉൽപ്പത്തി തന്നെ ഇവർ പറയുന്നത് ഊർജത്തിൻ്റെ പരിണാമം എന്ന് പറയുമ്പം എങ്ങനെയാണ് ഈ അമിനോ ആസിഡ് ഉണ്ടായെന്നൊന്നും കൃത്യമായി വിശദീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ സയൻസിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശാസ്ത്രീയമായി തെളിയിക്കണോ തെളിയിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തി അങ്ങനെ പല ഗ്യാപ്പുകളും കിടപ്പുണ്ട് തുടക്കം മുതൽ സിംഗുലാരിറ്റി മുതൽ പല കാര്യങ്ങളും ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ എന്ത് പറയും ആത്മീയവാദിയുടെ അതിൻ്റെ പിന്നിൽ ബോധമുണ്ട് അതുകൊണ്ടാണ് ബോധമാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എവിടെ വിശദീകരിക്കാൻ കഴിയുന്നില്ല അതിൻ്റെയൊക്കെ പിന്നിലെന്തുണ്ട് ബോധമാണ് ആ പ്രവൃത്തി ചെയ്തത് ശിംഗ്ലാരിക്ക പിന്നിലെന്തുണ്ട് ബോധമുണ്ട് എന്ന് പറയുകയാണ് ബോധമുണ്ടെന്ന് വെച്ചാൽ അത് വിശ്വാസം അത് തെളിയിക്കാനൊന്നും പറ്റുന്ന കാര്യമില്ല ആർക്കും അതൊരു വിശ്വാസം ബോധം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് പറയും പക്ഷേ പരിണാമവാദികൾ അംഗീകരിക്കുന്നില്ല അവർ പറയുന്ന എന്താണ് പരിണാമം കൊണ്ട് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ചില ഭാഗങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് അതിനൊന്ന് കൃത്യമായ ഉത്തരം വന്നിട്ടില്ല അപ്പോ പരിണാമവാദമനുസരിച്ച് പരിണാമ സിദ്ധാന്തമനുസരിച്ച് ജഡം പരിണമിച്ചാണ് ബോധം ഉണ്ടായത് ഇതാണ് പരിണാമവാദം പറയുന്നത് ബോധം പരിണമിച്ചുണ്ടായല്ല ഈ ചോദ്യം പണ്ട് പിന്നെ ഗുരുദേവൻ നടായുരുവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ചിത്താണോ പരിണമിക്കുന്ന അഥവാ ജഡമാണോ പരിണമിക്കുന്നത് എന്ന് ചോദിച്ചു നടായ ഒരു നിശബ്ദത പാലിച്ചു എന്നാണ് നിശബ്ദ പാലിക്കാൻ കാരണം ഇതാണ് കാരണം പരിണാമ സിദ്ധാന്തമനുസരിച്ച് ജഡമാണ് പരിണമിക്കുന്നത് പക്ഷേ പിന്നീട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പലയിടത്തും ഉത്തരം ഇല്ല അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല ഇനി ചിത്താണ് പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പരിണാമവാദം അംഗീകരിക്കുന്നതല്ല ചിത്ത് പരിണമിക്കുന്നത് ചിത്തിന്റെ സാന്നിധ്യത്തിൽ ജഡം പരിണമിച്ചു പരിണാമവാദം അംഗീകരിക്കില്ല അപ്പൊ പിന്നതിന് ഉത്തരം പറയാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഗുരുവിന്റെ മുമ്പിൽ നിറായൊരു മോനത്തെ ഒന്നുകിൽ പരിണാമപക്ഷത്ത് എന്ന് ഉത്തരം പറയണം പരിണാമപക്ഷത്ത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം വരും ഗുരുവിടത്തില്ലല്ലോ അപ്പൊ ചോദ്യം വരുമ്പോഴത്തേക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല ഇനി ബോധത്തിന്റെ ചിത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയണമെങ്കിൽ പരണാമവാദികൾ അംഗീകരിക്കത്തില്ല അതുകൊണ്ടാണ് മൗനം പാലിച്ചത് മറുപടിയൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ചിത്താണോ പരിണമിക്കുന്നത് അതോ ജഡമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിണാമവാദം അനുസരിച്ച് ജഡം തന്നെയാണ് പരിണമിക്കുന്നത് പിന്നെ ഈ പറയുന്ന ആത്മീയവാദികളുടെ കാഴ്ചപ്പാടനുസരിച്ച് ചിത്തിൻ്റെ സാന്നിധ്യത്തിൽ ജഡം പരിണമിക്കുന്നത് രണ്ട് വർഷമാണ് എന്താണ് ചോദിച്ചത് ചോദ്യം പരിണാമത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പരിണാമശാസ്ത്രം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ചരിത്രത്തെ നമ്മളെ പഠിപ്പിക്കുകയാണ് മനസ്സിലായോ ഇപ്പൊ മനുഷ്യനെ എന്തുകൊണ്ടിങ്ങനെ പരിണമിച്ചു ഇതിന് മുമ്പുള്ള ജീവികളിൽ നിന്നും പരിണമിച്ചു കാരണം മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെങ്ങനെ പരിണമിച്ചു അതിൻ്റെ മുമ്പിലുള്ളത് അതങ്ങനെ അതിന്റെ മുമ്പിൽ അപ്പൊ ഇവിടെയൊക്കെ ഉത്തരവുണ്ട് അങ്ങനെ ചോദിച്ചു ചോദിച്ച് അവസാനം ഇവിടെ ചെന്നെത്തും അമിനോ ആസിഡുകളിലും മറ്റും ചെല്ലുമ്പോ അവിടെയൊക്കെ എങ്ങനെ പരിണമിച്ചു എന്നുള്ളതിന് കൃത്യമായ ഉത്തരവുണ്ട് അതുവരെ ഉത്തരങ്ങളുണ്ട് ജീവന്റെ ആദ്യ പരിണാമമുണ്ടല്ലോ അപ്പോ ഈ മൂലകങ്ങളിൽ നിന്ന് ജീവൻ എങ്ങനെ പരിണമിച്ചു എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതങ്ങനെ കിടക്കുകയാണ് പ്രപഞ്ചത്തിന്റെ അതല്ല ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രപഞ്ച പരിണാമം എന്ന് പറയുന്നത് എങ്ങനെ തുടങ്ങി മൂലകങ്ങളിൽ തുടങ്ങി ഈ കാണുന്ന പ്രപഞ്ചമായി പരിണമിച്ച് ഇന്നും പരിണമിച്ചു കൊണ്ടിരിക്കുന്നു അതിനവർക്ക് ഉത്തരവുണ്ട് മൂലകങ്ങൾ തുടങ്ങി ഉത്തരവുണ്ട് അതിന് പിന്നിലേക്ക് പോയാൽ ഉത്തരവുണ്ട് സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ട് ഉത്തരവുണ്ട് പക്ഷേ അതിന് തൊട്ട് മുമ്പ് തന്നെ ചിലടത്ത് ഉത്തരങ്ങൾ കിട്ടാതെ ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തും നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാരെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഊർജമാണ് പരിണമിച്ച് ഇതെല്ലാം മാറിയത് ഊർജമാണ് പരിണമിച്ച് ഇതെല്ലായിട്ട് മാറിയത് അപ്പോ ഈ മാറിയിരിക്കുന്നത് ഊർജം തന്നെ അതാണ് എൻഷ്യം പറഞ്ഞു ഈ സിക്വയർ വസ്തുക്കളെല്ലാം എന്താണ് ഊർജ്ജം തന്നെ എന്തുകൊണ്ട് ഊർജ്ജമാണ് പരിണമിച്ച് ഇങ്ങനെയായത് ആത്മീയവാദികൾ പറയും ഊർജത്തിൻ്റെ സൂക്ഷമാവസ്ഥയല്ല ഊർജത്തിൻ്റെ പിന്നൽ ബോധം എങ്ങനെയുണ്ട് സാക്ഷിയായിട്ടുണ്ടെന്ന് പറയും ബോധത്തിൻ്റെ സാന്നിധ്യത്തിൽ ഊർജം പരിണമിക്കുന്നു എന്ന് പറയും അദ്വൈതികളും അത് പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെ വിശ്വാസം പരിണാമവാദികൾക്ക് വിശ്വാസം അതിലാണ് അവരത് സ്വീകരിക്കും ആത്മീയവാദികൾക്ക് വിശ്വാസം ഇതിലാണ് അവരെ സ്വീകരിക്കും അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് പിന്നെ പരിണാമത്തെ ഇന്ന് മിക്കവാറും മതങ്ങളെല്ലാം അംഗീകരിച്ചു ക്രിസ്തുമതവും ഇസ്ലാമതവും കേറെക്കുറെ അംഗീകരിച്ച് പിന്നെ അവർക്ക് ഇത്രയൊരു നിർബന്ധമേ ഉള്ളൂ എന്താണ് പണ്ട് ചാർവാകനോട് പറഞ്ഞ പോലെ ആര് പരിണമിപ്പിച്ചു അത് അള്ളാഹാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല അള്ളാഹു പരിണമിപ്പിച്ചു അല്ലെങ്കിൽ ലാഹുവ പരിണമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു നിങ്ങൾക്കാണെങ്കിൽ ബ്രഹ്മം പരിണമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങടെയും പ്രശ്നം തീർന്നു തറയുള്ളൂ പിന്നെ വഴക്കില്ല ഇപ്പൊ പരിണാമത്തെ അംഗീകരിക്കുന്നതിന് കുഴപ്പമൊന്നും പിന്നെ പരിണാമശാസ്ത്രത്തിന് തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് മനുഷ്യപരിണാമത്തിന് ഒരുപാട് തെളിവുകളുണ്ട് അങ്ങനെ വെറും പൊട്ട കഥകളല്ലേ അത് ഇതുമായിട്ട് സയൻസ് പറയുന്നിടത്താണ് ഈ പൊട്ടച്ചരങ്ങൾ പറയുന്നത് അസംബന്ധമായ കാര്യങ്ങൾ സയൻസും അതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ചിന്തിക്കരുത് അതൊക്കെ അയാൾ പറഞ്ഞുള്ളതൊക്കെ മിത്തുകളാണ് അതിനങ്ങനെ തന്നെ എടുക്കണം കഥകളാണ് കട്ടുകഥകൾ കഥകൾ നമ്മൾ കഥകളായി തന്നെ സ്വീകരിക്കണം മറ്റതിനെന്തായി സ്വീകരിക്കണം സയൻസായിട്ട് സ്വീകരിക്കും അത് ഗണപതിക്ക് പ്ലാസ്റ്റിക് സർജറി ഇത് മുരുകന് എന്താണ് കർണിയുടെ ഓപ്പറേഷൻ നടത്തി ഇതൊക്കെ പറയുന്നു സയൻസ് ഇതുമായിട്ടൊക്കെ എന്താ ഒരു അസംബന്ധമല്ല കഥകൾ നമ്മൾ കഥകളായിട്ട് തന്നെ സ്വീകരിക്കും ഭാവനാശാലികളായ നമ്മുടെ പഴയ അപ്പന്മാരെഴുതി വെച്ച ഇന്നത്തെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്തതിന് അറിവില്ലായ്മ എന്ന് പറയും ഭാവനയല്ല അവർക്കറിയില്ല സങ്കല്പിക്കുക എല്ല അറിയില്ല അറിയില്ല എന്ന് പറയുന്ന സങ്കല്പിക്കുന്ന എന്തിനാ നമുക്ക് അറിയില്ലാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ സങ്കല്പം അറിയില്ലാത്ര അറിയില്ല എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും സത്യസന്ധമായ നിലപാട് മനസ്സിലായോ എല്ലാം അറിയാമെന്ന് പറയുന്നവരാണ് കള്ളന്മാര് അറിയാത്ത അറിയാത്ത കാര്യങ്ങൾ അവരെന്ത് അറിയും എനിക്കറിയാമെന്ന് പറയും ആ കള്ളത്തരമാണ് മറ്റേ അറിയാതെ അറിയില്ല എന്ന് വെച്ചാൽ അറിയില്ലാത്രയാണ് എന്താ എനിക്കറിയില്ല പ്രശ്നം തീർന്നില്ല അവരെ സയൻസിന്റെ അതാണ് അറിയില്ല ഒരുപാട് കാര്യങ്ങൾ അറിയില്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും അത് സത്യസന്ധമായ നിലപാടാണ്